അവർക്കു മുകളിലായി ചിറകുകൾ വിരിക്കുകയും ചുരുക്കുകയും ചെയ്യുന്ന പക്ഷികളെ അവർ കാണുന്നില്ലേ പരമകാരുണികനായ അള്ളാഹു സുബഹാനഹുവ താഴല ഒഴികെ മറ്റാരും അവയെ താങ്ങു തീർച്ചയായും അവൻ എല്ലാ കാര്യങ്ങളെയും കാണുന്നവനാകുന്നു